نحمده ونستعينه ونؤمن به ونتوكل عليه وأعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله هو لا شريك له واشهد ان محمدا نبوه ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون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 يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يدع الله ورسوله فقد فاته فوزا عليما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمه الله عليكم اذ كنتم اعداء اضح الله بين قلوبكم فاصبحتم بنعمته اخوانا ും ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അബ്ബാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പാലിക്കുവാനും ശ്രദ്ധിക്കണമേ എന്ന് ആമകമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ അള്ളാഹു അവന്റെ വിധി കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഫ്യങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകട്ടെ അള്ളാഹു സുബാനഭൂവത്ത ആരാ അവതരിപ്പിച്ച പരിശുദ്ധ ദീനാമ് ഉൾക്കൊള്ളുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ നമുക്ക് മറ്റെന്തെല്ലാം പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിലും ഭൗതികമായി നോക്കുമ്പോൾ നാം പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ മറ്റാരേക്കാളും മികച്ചു എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട് അറിവിന്റെ മേഖലയിലും സമ്പത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും എല്ലാം വ്യത്യസ്ത നിലവാരത്തിലുള്ളവരാണ് നമ്മളെങ്കിലും കുടുംബത്തിന്റെയും തറവാടിന്റെയും പേരിൽ വ്യത്യസ്തങ്ങളായ നിലവാരത്തിലാണ് നമ്മൾ പലരും ഉള്ളതെങ്കിലും അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ള നിലയിൽ അള്ളാഹു അവതരിപ്പിച്ച ആദർശം ഉൾക്കൊള്ളുവാൻ സാധിച്ച ആദർശ ബന്ധുക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഏറെ അനുഗ്രഹീതരാണ് ഏറെ ഉന്നതന്മാരാണ് പരിശുദ്ധ ഖുറാൻ അറിയിച്ചതുപോലെ വഅൻതുംൽ ആഅലൗന ഇൻ കുൻതും മൂമനീൻ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് മുൻപന്മാർ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ ആ ഒരു ബോധം നമ്മ꼴ി ഇസിലം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ സാധിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ദുസ്വഭാവങ്ങളെയും വിലക്കിയതിന് ശേഷം പറഞ്ഞു വലാ സജസൂ വലാ തഹാസദു നിങ്ങൾ മറ്റുള്ളവരുടെ കുറവും കുറ്റവും ചികു ചൂഴ് അന്വേഷിക്കുന്ന പ്രവണത ഒഴിവാക്കണം നിങ്ങൾ പരസ്പരമുള്ള വിദ്വേഷവും അസൂയയും വെച്ച് പുലർത്തരുത് എന്നത്യാദി കാര്യങ്ങളെല്ലാം ഉണർത്തിയതിനുശേഷം പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ അടിയാറുകളെ അടിമകളെ നിങ്ങൾ ഏകോദര സഹോദരങ്ങളായി മാറണം സ്വഹാദത്തിന്റെ ഉത്തമമായ മാതൃകയും അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവരുടെ കൂട്ടത്തിൽ പണക്കാരും പണിക്കാരും ഉണ്ട് ഭരണാധികാരികളും ഭരണീയരുമുണ്ട് അടിമകളും ഉടമകളും ഉണ്ട് പക്ഷേ ആ വേർതിരിവുകൾക്കപ്പുറം ഒരാദർശത്തിന്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ ആദർശ പൊരുത്തോടു കൂടി ഉന്നതമായ സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മാതൃകകളായി മാറാൻ അവർക്ക് സാധിച്ചു കുറേശി തറവാട്ടുകാരും കറുത്തിരുണ്ടേദ്രോ അടിമകളും എല്ലാം സഹാദികളുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ അവരാരും അതിന്റെ പേരിൽ ചേരി തിരിഞ്ഞ് പോരടിച്ച വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിശവിദ്ധാകിയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മറിച്ച് അവരെല്ലാവരും ഉൾക്കൊണ്ട ആദർശം ഉണ്ടാണ് എന്നുള്ളതിനാൽ ഏകനായ അവർ ആരാധിക്കുന്നതിന് എന്നതിനാൽ ഒരേ ഒരു കഥയിലേക്കാണ് അവരെല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നത് എന്നതിനാൽ ഒരു ചരവിൽ കോർത്ത മുത്തകൽ പോലെ അവർ ഏകോദര സഹോദരങ്ങളായിരുന്നു പരിശുദ്ധ ഖുർവാൻ നാൽപ്പത്തിയൊമ്പതാം അധ്യായം പല നിർദ്ദേശങ്ങളും പല കാര്യങ്ങളും ഒരു കടമായ രീതിയിൽ ബാധ്യതയായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഈ ശക്തമായ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതിൽ കിട്ടൽക്ക് വിള്ളലേൽപ്പിക്കുന്ന എല്ലാ സംഗതിയെയും വിലക്കുകയും ഉപേക്ഷിക്കുവാൻ അത് ശക്തമായ രീതിയിൽ ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി പാലിക്കപ്പെട്ടു പോകുന്ന സമൂഹം മാതൃകകളായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു സുരക്ഷിത സമൂഹമായിരിക്കും അവർ അവർക്ക് ഇല്ലായ്മയുടെ പേരിൽ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുവാൻ സാധ്യതയില്ല അത് എല്ലാം പരസ്പരം ഏറ്റെടുക്കുന്ന സഹോദരങ്ങളെ പോലെ അവരുടെ കുടുംബത്തെ സംബന്ധിച്ചും അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളെ സംബന്ധിച്ചും അവർക്ക് പേടിയില്ല ആ സമൂഹത്തിൽ നിർഭയത്വത്തിലായിരിക്കും നൂറ് ശതമാനവും അനുഭവിക്കുന്ന ഒരു മാതൃകാ സമൂഹമായി അത്തരം വിശ്വാസികളുടെ സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ചില ഉപമകളിലൂടെ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ും പരസ്പരം ശക്തി പകരുന്നത് പോലെ അവിടത്തെ കൈവിരലുകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതേപോലെ ൾ പരസ്പരം ശക്തി പകരേണ്ട ഏകോദര സഹോദരങ്ങളായി നിലനിൽക്കേണ്ടവരാണ് ഈ ആശയം ും കനിവിന്റെയും ആർദ്രതയുടെയും കാര്യത്തിൽ വിശ്വാസികളെ ഉപമിക്കാവുന്നത് ഒരൊറ്റ ശരീരം പോലെയാണ് എന്താണ് അതിന്റെ പ്രത്യേകത െല്ലാം അതിനോട് കൂടു പുലർത്തിക്കൊണ്ട് അതേ ഉറക്കമൊഴിക്കൽ കൊണ്ടും പണികൊണ്ടും ആ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അതിൽ ഭാഗവാക്കാകും ഇതേപോലെയാണ് വിശ്വാസികളുടെ സമൂഹം വിശ്വാസികൾ ആദർശപരമായി ഏകോദര സഹോദരങ്ങളായി ജീവിക്കുമ്പോൾ അവർക്കിടയിൽ ഒരാൾക്ക് പ്രയാസമുണ്ടായാൽ ആ സമൂഹത്തിന്റെ മൊത്തം പ്രയാസമായി കാണുവാനും അവർ പരസ്പരം ഒത്തൊരുമയോടെ സ്നേഹത്തോടെ സഹകരണത്തോടെ കഴിയുകയും ചെയ്യുമെന്നാണ് വളം ആ ഉമ്മയിലൂടെ വിശദീകരിച്ചത് പരസ്പരമുള്ള നിരവധി കടമകൾ മുസ്ലിങ്ങൾ തമ്മിൽ പാലിക്കുവാൻ ാണ് ഇപ്പോൾ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അഥവാ ഈ സന്ദർഭത്തിൽ നമ്മൾ പത്രങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു രോഗം പടരുകയാണ് പലരും പനിച്ചു വിറച്ച് ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ അവരുടെ വീടുകളിലും വിശ്രമിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ പനികളുടെ പേരുകൾ നമ്മൾ പുതിയതായി കേട്ടുകൊണ്ടിരിക്കുന്നു ഡെങ്കിപ്പരി എലിപ്പരി എന്നെല്ലാം കേട്ട് അതേപോലെ കണക്കനുസരിച്ച് ഇന്ന് രാവിലെ കേട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ പതിനേഴോളം പേർ ഈ ഒരു ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇതിനകം മരണപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ കൂട്ടത്തിലും പലയാളങ്ങൾ രോഗികളായി കിടക്കുകയാണ് ആ സന്ദർഭത്തിൽ മുസ്ലിം എന്നുള്ള പരസ്പരം പാലിക്കേണ്ട ഒരു കടമ ഒരു ബാധ്യത വ്യത്യാസമില്ലാതെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വേർതിരിക്കാതെ അയൽവാസികളെയും രോഗിയായി കിടക്കുന്ന ആളുകളെയും സന്ദർശിക്കുകയും വേണ്ട ചെയ്തു കൊടുക്കുകയും ചെയ്ത സംഭവങ്ങൾ ഹരീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ജോലി തിരക്കുള്ള തിരക്കുകൾക്കിടയിൽ ഒന്ന് പറഞ്ഞാൽ നമ്മേക്കാൾ പതിന്മടൻ അല്ല നൂറുകണക്കിന് ഇരട്ടിൽ തിരക്കും ഉത്തരവാദിത്തങ്ങളും റസൂൽ അള്ളാഹു വസല്ലം യോഗി സന്ദർശനം എന്നത് ദിനചര്യയായി ഒരു ശീലമാക്കി മാറ്റാൻ ശ്രദ്ധിക്കുകയും വിശ്വാസികളായ നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പഠിപ്പിക്കുന്നു മറ്റൊരു വിശ്വാസിയോടുള്ള ബാധ്യതകൾ അതിൽ ആറ് കാര്യങ്ങൾ പഠിപ്പിച്ചു അതിൽ അടിവളയിട്ട് മനസ്സിലാക്കേണ്ട നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം ഉണർത്തി രോഗിയെ സന്ദർശിക്കുക എന്നത് ആളായിക്കൊള്ളണമെന്നില്ല കുടുംബബന്ധമുള്ള ആളായാൽ പോയി കാണാമെന്നല്ല അയൽവാസിയാണെങ്കിൽ ഞാൻ സന്ദർശിക്കാറുണ്ട് എന്നുമല്ല സുഹൃത്തുക്കളും പരിചയക്കാരും അയൽപക്കാരും കുടുംബക്കാരും ഒക്കെയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെങ്കിലും ആരുമായും ഒരു പരിചയമില്ലാത്ത ഒരു വിശ്വാസിയാണ് എന്ന മാത്രം ഒരു പരിഗണനയും പരിചയവും ഉണ്ടെങ്കിൽ പോലും അതൊരു ബാധ്യതയായി പഠിപ്പിച്ചിട്ടുണ്ട് ായിരുന്നു ഇമാം ബുഹാരിയും മുസ്ലിമും മുതലിക്കുന്ന ഹരീസിൽ കാണാം രോഗിയെ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് കിട്ടാനുള്ളത് ധാരാളം കൽപ്പനങ്ങൾ ധാരാളം നേട്ടങ്ങൾ ദുലിയവയും മോഹരവിയുമായി ഗൃഹലോകത്തും പരലോകത്തും നമുക്ക് നേടിയെടുക്കുവാനുണ്ട് അതൊരിക്കലും ഒരു വേസ്റ്റായ പണിയായി ആരും കാണേണ്ടതില്ല നമുക്ക് നമ്മുടെ വീഴ്ച അതല്ലെങ്കിൽ അശ്രദ്ധ നമ്മൾ മറ്റു പല വിഷയങ്ങളിലും താല്പര്യത്തോടുകൂടി ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ആ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം പക്ഷേ ഇസ്ലാമിന്റെ വീക്ഷണത്തിലൂടെ നോക്കിയാൽ മഹത്തായ ധാരാളം കൽപ്പനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സൽക്രമമാണ് രോഗിയായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുക ഒന്നാമതായി ആ വ്യക്തിയുമായി ഒരു സ്നേഹബന്ധവും അടുപ്പവും ഉണ്ടാക്കുവാൻ സാധിക്കും ആ ബന്ധം നമുക്ക് ഒന്നുകൂടി ശക്തമാക്കുവാൻ സാധിക്കും യും വിചാരിക്കും എന്നെ സംബന്ധിച്ച് ഒരു സ്നേഹവും പരിഗണനയും ഇല്ലായെങ്കിൽ എന്തിനീ മനുഷ്യൻ എന്നെ ഈ സന്ദർഭത്തിൽ എന്നൊരു ചിന്ത അയാളിൽ ഉണ്ടാകുവാനും നമ്മുടെ നമ്മുടെ സാഹോദര്യത്തിന്റെ ആദർശ ബന്ധത്തിന്റെ ആ ബന്ധം ഒന്നുകൂടി ശക്തമാക്കാൻ അത് ഉപകരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ ഇടക്കിടക്ക് വ്യക്തികളെയും ഇതേപോലെയുള്ള രോഗികളെയും എല്ലാം സന്ദർശിച്ചുകൊണ്ടിരിക്കണം അത് സ്നേഹബന്ധം അധികരിപ്പിക്കും എന്നാണ് അള്ളാഹു പൊടിപ്പിച്ചത് നമ്മുടെ ഹൃദയത്തെ നൈർമല്യപ്പെടുത്തുവാൻ ലോലമാക്കാൻ നമ്മുടെ മനസ്സ് കടുത്തു പോയിട്ടുണ്ടെങ്കിൽ പരുഷ്യ സ്വഭാവത്തിലേക്കത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ രൂപത്തിൽ നല്ല ഒരു ഉടമകളാക്കി നമ്മെ പാകപ്പെടുത്താൻ യോഗി സന്ദർശനത്തിലൂടെ സ്ഥാപിക്കുമെന്നാണ് അനുഭവങ്ങൾ മനസ്സിലാക്കി തരുന്നത് കാരണം രോഗിയായി കിടക്കുന്നൊരു മനുഷ്യന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ ആ രോഗത്തെക്കുറിച്ചും ആ രോഗിയുടെ അവസ്ഥയെ കുറിച്ചും ബോധമുണ്ടാകുമ്പോൾ എന്നൊരു ചിന്ത ഏതൊരു മനുഷ്യനും രോഗമില്ലാതെ എന്നെ അനുസരിച്ച അപ്പയെ നിനക്ക് നന്ദി എന്നൊരു മനസ്സോട് കൂടി ആ രോഗിയോടൊരു കഴിവും ഒരു ആഗ്രതയും ഉള്ള മനുഷ്യമായിട്ടായിരിക്കും മനസ്സ് മടവിച്ചിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനെയും ആ രോഗി സന്ദർശനത്തിന് ശേഷം തിരിച്ചു നടക്കുവാൻ സാധിക്കുക അതിലുപരിപ്പിക്കുന്ന സംഗതിയാണ് ആരോഗ്യമെന്ന നിയമത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എത്രയോ ദിവസം നമ്മൾ രോഗമില്ലാതെ വളരെ ആഘോഷപരമായ രീതിയിൽ ജീവിച്ചു ആർഭാടമായി പലതും തിന്നും കുടിച്ചും ജീവിക്കുന്ന ആളുകൾ രോഗത്തിന്റെ പിടിയിലേക്ക് അകപ്പെട്ടു പോകുമ്പോൾ അതോടുകൂടി എല്ലാം തകർന്നു പോകുന്ന ഇതുവരെയും ആ നിയമത്തിൽ എനിക്ക് നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന തിരിച്ചറിവ് ഒരു രോഗിയെയും ആ രോഗിയുടെ വിഷമങ്ങളെയും കാണുമ്പോഴാണ് നേരിട്ട് അനുഭവിക്കുവാൻ സാധിക്കുക തിരിച്ചറിയുവാൻ സാധിക്കുക ആ സന്ദർഭത്തിൽ അയാൾ മനസ്സറിഞ്ഞ് പറയും റബ്ബെ നിനക്ക് സർവസ്തുതിയും ഇതേപോലെ ഒരു വിഷമവും ഇതേപോലൊരു പ്രയാസവും എനിക്കില്ലാതെ എനിക്ക് പൂർണ്ണ ആരോഗ്യവും സംതൃപ്തിയും നൽകിയ സമാധാനവും അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും നൽകിയ നാഥ നിനക്കാകുന്നു സർവസ്തുതിയും എന്നയാൾക്ക് പറയുവാൻ സാധിക്കും െ കണ്ടും അനുഭവിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു വിഷമറിഞ്ഞാൽ അതേപോലെ ഉള്ള ആപത്തിൽ നിന്ന പരിചരണങ്ങളിൽ നിന്ന് അല്ലാഹുആയളെ കാത്തിടിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണ് ആ పదങ്ങളുടെ അർത്ഥം ആ പ്രാർത്ഥനയുടെ ആശയം എന്താണ് അൽഹംദുലില്ലാഹി അല്ലദീ ആതാനി മിമ്മാ ബതലാഖ ബി താങ്ങല പരിചിച്ചുകൊണ്ടിരിക്കുന്ന ആ വിവക്ഷകളിൽ നിന്ന് എനിക്ക് ആഫിയത്ത് നൽക്കിയ സൗഖ്യം നൽക്കിയ അല്ലാഹുവേ നിനക്കാവുന്ന സർവ്വസുരയും വഫഅലനീ അലാ കസീരിൻ മിമ്മാ ഖലഖ തഖലീല അള്ളാഹുവിന്റെ കൃഷ്ണികളിൽ ധാരാളക്കണക്കിന് ആളുകളെക്കാൾ എന്നെ അവൻ ആദരിക്കുകയും ഉത്കൃഷ്ടനാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേപോലെയുള്ള വൈകല്യങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ആരോഗ്യത്തോടുകൂടി സുഖത്തോടുകൂടി സൗകര്യത്തോടുകൂടി ജീവിക്കുവാൻ എന്നെ അനുവദിച്ച എനിക്ക് നൽകിയ നാദാ നിനക്കാകുന്നു തരുവസ്തുതിയും എന്ന് മനസ്സറിഞ്ഞൊരു വിശ്വാസിക്ക് പറയാൻ സാധിച്ചാൽ അതേപോലെയുള്ള ആപത്തുകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമെന്ന് ലഭിച്ച അള്ളാഹു അറിയുമ്പെല്ലാം അറിയിക്കുകയാണ് എല്ലാത്തിനും ഉപരി മനസമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി പഠിച്ചവരുത് ധാരാളം നന്മകൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന നമുക്ക് ആ രോഗി സന്ദർശനത്തിലൂടെ സംബന്ധിച്ച് റസൂറൊന്നായില്ലം അറിയിച്ചിട്ടുണ്ട് സ്വർഗീയ കലികൾക്കിടയിലൂടെയാണ് രോഗിയെ സന്ദർശിക്കുന്ന ഒരു വ്യക്തി നടന്നു നീങ്ങുന്നത് എന്ന് സലാഹു അറിയിച്ചു സ്വർഗീയ പൂന്തോക്കുകളിൽ അതിന്റെ കാൽകൾ പറിച്ച് ശേഖരിച്ചുകയാണ് യോഗി സന്ദർശനത്തിലൂടെ വിശ്വാസം ചെയ്തു കൊണ്ടിരിക്കുന്നത്യാണ് അയാൾ ആയിക്കൊണ്ടേയിരിക്കും ഹത്ത യോഗി സന്ദർശനം നടത്തി അയാൾ ചിരിച്ചു വരുന്നത് വരെയും കൈലയാ റസൂലുള്ളാഹും മാ ഖുർഫത്തുൽ ജന്ന സ്വഹാബികൾ ചോദിച്ചു അല്ലാഹുവിൻറെ റസൂലേ എന്താണ് ഖുർഫത്തുൽ ജന്ന എന്ന് ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി തം പറഞ്ഞു കൊടുത്തു ജനാഹ ഐബി മാറുഹ ആ തറഗത്തിന്റെ കതികളാണ് അതിന്റെ പാദമത്തിയ പഴങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അത് ഫർജ് ചെയ്യുടുകയാണ് വിശ്വാസി യോഗി സന്ദർശനത്തിലൂടെ ചെയ്യുന്നത് ഇമാം മുസ്ലിമും ഇമാം അഹമ്മദും ഒക്കെ ഉദ്ധരിച്ച പ്രബലമായ ഹബീഫിൽ നമുക്കത് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ രോഗിയെ സന്ദർശിക്കുവാനുള്ള നെയ്യത്വമായി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ മലക്കൂടെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ആദർശത്തിന്റെ ചെയ്താൽ ആദർശ ബന്ധമുള്ള യാതൊരു വിധ രോഗമോ പ്രയാസമോ ഇല്ലാത്ത സന്ദർശിച്ചാലും ഒരു രോഗിയായി കിടക്കുന്ന മനുഷ്യനെ രോഗി സന്ദർശനം നടത്തിയാലും അയാൾക്കുണ്ടാകുന്ന നേട്ടം ഒരാൾ വിളിച്ചു പറയും അഥവാ ാണ് ചെയ്തിരിക്കുന്നത് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിലൂടെ ായ ഒരു മുസ്ലിമിനെ സന്ദർശിച്ചാൽ രോഗിയായി നടന്നു നീങ്ങുന്നത് അയാൾ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുന്നത് വരെയും അയാൾ അങ്ങനെ രോഗിയുടെ അടുക്കൽ ചെന്ന് ഇരുന്നാൽ കാറിന്റെ അയാളെ മൂടുകയും ചെയ്യും فإن كان قدوت تن صلى عليه سبعون الف ملك حتى يمسي هيا ذاவிலيان لوгие صلতキャン പോയെങ്കിൽ അയാക്ക് വേണ്ടി سبعون الف ملك يجب 200000 മലക്കുകൾ അയാക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും حتى يمسي വൈകുന്നേരം വരെയും പ്രഭാതം മുതൽ പ്രദോഷം വരെ മലക്കുകൾ അയാക്ക് വേണ്ടി ദുആ ചെയ്യും അല്ലാഹുവിനോട് അനുഗ്രഹം ലഭിക്കാൻ وين كان, كان شيئا ഇനി അയാൾ വൈകുന്നേരമാണ് പോയതെങ്കിൽ രാത്രിയാണ് പോയതെങ്കിൽ പ്രഭാതം വരെയും എഴുപതിനായിരം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് ഇമാം അഹമ്മദും അബൂദാബൂദും ഹാസിമും ഒക്കെ ഉദ്ധരിച്ച പ്രബലമായ മറ്റൊരു ഹരിത്തിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് രോഗിയായിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദരൻ കേട്ടാൽ സ്ഥിരമായി പള്ളിയിൽ വരുന്ന ആളായിരിക്കും നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും അവരെ കാണാതെയായാൽ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് അന്വേഷിക്കാൻ രോഗിയാണ് എന്നറിഞ്ഞാൽ വൈകിക്കാതെ അവരെ സന്ദർശിക്കുക എന്നത് നമ്മളൊരു ബാധ്യതയായി നമ്മൾ കാണേണ്ടതുണ്ട് കാരണം വൈകിക്കാതിരിക്കാൻ വൈകി വൈകിക്കരുത് എന്ന് പറയാൻ കാരണം അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കും പരൂപത്തിലും അത് സംഭവിച്ചേക്കാം അഥവാ നാളെ ഒരു പക്ഷെ നമ്മൾ രോഗിയായി കിടപ്പായി കഴിഞ്ഞാൽ ഇന്ന് രോഗിയായി കിടക്കുന്ന ആരോഗ്യമുള്ള നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ച പുണ്യം അതിലൂടെ നിഷേധിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ നമ്മൾ തടഞ്ഞു കുളിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുമല്ല ഇന്ന് രോഗിയായി കിടക്കുന്ന മനുഷ്യൻ നാളെ രോഗം മൂർത്തിച്ച് മരിച്ചുപോയേക്കാം അപ്പോൾ രോഗിയെ സന്ദർശിക്കുക എന്ന് മഹത്തായ പ്രതിഫലം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ചേർന്നേക്കും ഇനി അതുമല്ലെങ്കിൽ നാളെ നമുക്ക് ഇതിനേക്കാൾ അവസരങ്ങളായിരിക്കും വരാം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നാളെ ആകെ വിചാരിച്ച് ഏതെങ്കിലും ആ നന്മ കൂടുതൽ എന്നുള്ളത് കൊണ്ട് തന്നെ പഠിപ്പിച്ചത്മാരിയല്ല രോഗിയാണ് എന്നറിഞ്ഞാൽ അയാൾ രോഗിയായ ഉടനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അയാളെ സന്ദർശിക്കണം എന്ന ാണ് പ്രവാചകൻ്റെ വാക്കുകളിലുള്ളത് എന്നാൽ ചില ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടല്ലോ ഇല്ലാതെ മൂന്ന് ദിവസത്തിനു ശേഷമല്ലാതെ ാഹു വലൈമസ്സലം രോഗിയെ സന്ദർശിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് അത് അതീവ ദുർബലമായ ഹരീസാണ് എന്ന് വരെയും ഹരീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് പറയുന്ന കലവ് പറയുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ അതുകൊണ്ട് തന്നെ അള്ളാഹു വലൈമസ്ലമയുടെ സുന്നത്ത് എന്ന രീതിയിൽ അത് പരിഗണിക്കാനേ പറ്റില്ല മറിച്ച് രോഗിയാണ് എന്നറിഞ്ഞാൽ എത്രയും വേഗം രോഗിയെ സന്ദർശിക്കുക ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദ ാഹുരം നിർദ്ദേശിക്കുന്ന രീതിയും അതേപോലെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളുടെ സന്ദർശനം ഒരിക്കലും രോഗിക്കൊരു ശല്യമായി തീരരുത് ചിലരാളുകളൊക്കെ രോഗിയെ സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞാൽ രോഗിയും വിചാരിക്കും ബന്ധുക്കളും വിചാരിക്കും അയാളൊക്കെ പോയിട്ട് തീരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് കാരണം രോഗിക്കൊരാശ്വാസം നൽകാൻ രോഗിക്ക് രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രോഗത്തിന് ഒരാശ്വാസവും മനസമാധാനവും പകർ നൽകേണ്ടതിന് അയാളെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ അയാൾക്കൊരു രോഗം വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും ഇടപെടലുകളും ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകുവാൻ പാടില്ല അത് ഗുണത്തെക്കാൾ ഏറെ ദോഷകരമായ അവസ്ഥയായിരിക്കും ഉണ്ടാക്കുക സന്ദർശിക്കുമ്പോൾ രോഗി സന്ദർശനത്തിൽ പ്രവാചകൻസലാഹു വരൈവത്തെ രോഗിയുടെ അടുത്ത് ചെന്ന് തലതാടത്തിരുന്ന് ശരീരത്തിൽ തടവി രോഗിയോട് ക്ഷേമാന്വേഷണങ്ങൾ നടത്തി എല്ലാം പരിഗണിച്ച് ആ രോഗിക്ക് ഒരു ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പലപ്പോഴും പറയും ഒരിക്കലും ഒരു പ്രയാസമില്ല പ്രശ്നമില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ എല്ലാം ശരിയാകും ഇങ്ങനെ ആശ്വാസത്തിന്റെ വചനങ്ങളായിരിക്കണം രോഗിയെ സന്ദർശിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകേണ്ടത് ഒരിക്കലും നിരാശയുടെ ഈ രോഗം വന്നിട്ടാമല്ല മറ്റൊരാൾ മരിച്ചത് ഇതേപോലെയുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു രോഗവുമില്ലാത്ത ആളുകൾക്ക് രോഗം കൂടുവാനും അതോടുകൂടി തളർന്നു പോകുവാനുമായിരിക്കും ആ സന്ദർശനം ആ സന്ദർശനം ഒരിക്കലും ഗുണകരമല്ല മറിച്ച് പാപങ്ങളും തിന്മകളുമായിരിക്കും നമുക്ക് നേടിത്തരുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് രോഗിയുടെ സാഹചര്യം മനസ്സിലാക്കി അവസ്ഥകൾ അറിഞ്ഞ് പെരുമാറാൻ സന്ദർശകരുടെ ആധിക്യവും അസ്വസ്ഥതയുമെല്ലാം കണ്ട് മനസ്സിലാക്കി സാഹചര്യങ്ങളും സമയവും തെരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കണം സ്ഥലസൗകര്യക്കുറവുള്ള റൂമുകളും അതേപോലെ വീടുകളുമാണെങ്കിൽ അവരുടെ പരിമിതികൾ കണ്ടറിഞ്ഞുകൊണ്ട് പോകുവാനും അന്വേഷിക്കുവാനും ഒക്കെ സാധിക്കണം രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിക്ക് വേണ്ടി ആശ്വാസവാസുകൾ ായ പ്രാർത്ഥനകൾ ഗ്രന്ഥങ്ങളിൽ കാണാം രോഗിക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തുകൊണ്ട് സഹായങ്ങൾ എത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നാൽ ചില ആളുകൾ രോഗിയായി കിടക്കുന്ന ആളുകളോട് ഒരു സിംപതി എന്ന രീതിയിൽ അയാളുടെ സ്നേഹം പിടിച്ചു വച്ചാൻ വിലക്കിയ സംഗതികൾ പോലും രഹസ്യമായി ആരും കാണാതെ കൊണ്ടുപോയി കിടക്കുന്ന രീതി ഒരിക്കലും ഒരു വിശ്വാസത്തിൽ ചേർന്നതല്ല രോഗിയെ സന്തോഷിപ്പിക്കൽ ആ രൂപത്തിൽ ഒരു സന്തോഷിപ്പിക്കൽ വേണ്ട അത് രോഗിയായി ആളുകൾക്കും അതേപോലെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ചും ഇസ്ലാം വിലക്കിയ ഹറാമായ കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ തീരെ ചെയ്യാൻ പാടില്ല ചില ആളുകൾക്ക് അയാളൊരു സ്നേഹം കിട്ടാൻ അയാൾക്ക് വീതി വലിയ സിഗരറ്റ് വലിക്കുന്ന ആളാണ് ഡോക്ടർ കണ്ടാൽ സമ്മതിക്കില്ല കുടുംബക്കാർ കണ്ടാൽ ും അത് എത്തിച്ചു കൊടുക്കുന്ന മറ്റും പോലും എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ മര്യാദകളെയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെയും അട്ടിമറിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മറ്റ് മാന്യമായ രീതിയിൽ യോഗി സന്ദർശനം ആ രോഗിക്ക് ഹയരാകണം യോഗി സന്ദർശനം നടത്തുന്ന വ്യക്തിക്കും ദുരിയാദിലും മാധ്യമത്തിലും ധാരാളം നന്മകൾ നേരിച്ചിരുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകണമെങ്കിൽ ശരിയായ ഇസ്ലാമികമായ മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹു ആ രീതിയിൽ രോഗികളെ സന്ദർശിക്കുവാനും കരസ്ഥമാക്കുവാനും നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ രോഗിയുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ ചലകാതെ തിരിക്കുവാൻ ശ്രദ്ധിക്കുമായിരുന്നു ആ രോഗിയുടെ ശരീരത്തിൽ കൈകൾ കൊണ്ട് കടകുവാൻ ശ്രദ്ധിച്ചിരുന്നു എന്നിട്ട് പ്രാർത്ഥിക്കും അള്ളാഹു മറപ്പഹുവെ മനുഷ്യരുടെ രക്ഷിതാവായൊരു അയാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഡോക്ടർമാർ എത്ര നല്ല മരുന്ന് നൽകിയാലും എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി ഹോസ്പിറ്റലായിരുന്നാലും െ ഒറിവോ അയാൾ കേൾക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക എന്നത് അയാൾക്കും ആശ്വാസമാണ് നമുക്കും ധാരാളം പ്രതിഫലം നൽകുന്ന ഒരു പുണ്യകർമ്മമാണ് അതല്ലാത്ത മറ്റൊരു പ്രാർത്ഥന കൂടി പഠിപ്പിക്കുന്നു رب الارش ان العظيم رب الارش آلا ان يشفيك anger prarthikkanendana Allahul Azim bahana ya Allah enodu nan chodikkuno rabbul arshil azim mahatta yethu mathanathinte natchidayaaya Allahu enodu nan chodikkuno an yashfiyak Allahu jangalkku sipadalgan vendi endan adinte mahatta va prarthanayude ുംബിച്ച് രോഗി ആ രോഗി ഒരു മുസ്ലിം സന്ദർശിച്ചു എന്നിട്ട് ആ രോഗിയെ സന്ദർശിക്കുമ്പോൾ അയാളുടെ അടുക്കൽ അയാൾക്ക് വേണ്ടി ഏഴ് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഞാൻ ചോദിക്കുന്നു മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ റബ്സായ അള്ളാഹുവിനോട് ഞാൻ വ്യാജിക്കുകയാണ് നിനക്ക് ശിപാ നൽകണമെന്ന് ഇങ്ങനെ ഒരു രോഗിയുടെ അടുക്കൽ ശരീരത്തിൽ കൈവിട്ട് ഏഴ് വിശ്വാസി പ്രാർത്ഥിച്ചാൽ നിശ്ചയിച്ചിട്ടുള്ളൂ എങ്കിലല്ലാതെ അയാൾക്ക് ഇനിയും ആയുസ് ഉണ്ടെങ്കിൽ രോഗാവസ്ഥയിൽ നിന്ന് മുക്തനായി ആരോഗ്യത്തോടു കൂടി അയാൾക്ക് തിരിച്ചു വരുവാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് അതേപോലെ അത്തരം സന്ദർഭങ്ങളിൽ നന്മകൾക്ക് പ്രേരണ നൽകുവാൻ फारे, फारे െ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാൻ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അയാളുമായി സംസാരിച്ച് പല പഴയ കലകളും പറഞ്ഞ് ഒരു രോഗി സന്ദർശനത്തിലൂടെ ചെയ്യേണ്ടത് മറിച്ച് ആ രോഗിയുടെ അവസ്ഥകൾ അറിഞ്ഞ് അയാൾക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുവാൻ സാധിക്കണം പറഞ്ഞു അള്ളാഹു ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ താങ്കളുടെ ശരീരത്തിൽ എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് ആ ഭാഗത്ത് തന്റെ വലത് കൈവെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം മൂന്ന് ഭാഗത്തും വേദനയുള്ള ഭാഗത്ത് വലത് കൈവച്ചുകൊണ്ട് പറയണം بسم الله بسم الله بسم الله اللهவுந்த நாமத்தில் ரஸூலுல்லாஹி அலைஹி வஸல்லம் என்பதை மதிச்சு بسم الله நவி லா யதுரு மா அஸ்மிஹி ஷை இன் அல் அர்ழ் வலா திஸ்தகா அல்லாஹ்வுந்த மகத்தாய நாமங்களோட தாரத்து பூமியிலே ஆவாசத்தோ ஒண்டும் உபத்ரவமேல் பிக்கான் சாதிக்கவே இல்ல அடி மகத்தரமாய தாவமான் அல்லாஹ்வுந்தே அது நாம் உச்சரிச்ச கொண்ட மூணு பிராஷம் بسمில்லா என்று பரையனம் வ குல் ஸபஅ மராத் എന്നിട്ട് ഏക പ്രാവശ്യം അതേപോലെ തന്നെ അള്ളാഹുവിൻ ശക്തിയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പുതുറത്തുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കുന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ബാധിച്ചു എനിക്ക് ബാധിച്ചിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു ഇന്ന് വേദനയുള്ള ഭാഗത്ത് വെച്ച് ഏഴ് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് വിശ്വസം അള്ളാഹു വരെയും പഠിപ്പിക്കുക ആ പ്രാർത്ഥനയിലൂടെ വേദനയുടെ ശമനം കിട്ടുന്ന രോഗത്തിൽ നിന്ന് മുക്തി കിട്ടുന്ന സഹാബത്തിന്റെ ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതേപോലെ ഏതെങ്കിലും വിക്രതം ധാരാഗലും നമുക്ക് അറിയാമെങ്കിൽ ായി കിടക്കുന്ന ആളുടെ അടക്കം വെച്ച് അത് പഠിപ്പിച്ചു കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുപുറ്റങ്ങളെ സംബന്ധിച്ച് സൗകാദ്യ പശ്ചാത്തലിച്ച് വടച്ചവനിലേക്ക് മടങ്ങേണ്ടതുണ്ട് ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൃത്യമായി താങ്കൾ നാളെ മരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് സൗകര്യണം എന്ന രീതിയല്ല മരച്ച മാന്യമായ രീതിയിൽ ഈ ഒരു സാഹചര്യം അതിനുള്ള ഏറ്റവും ഗുണപരമായ സന്ദർഭമാണ് എന്ന് ഉറച്ചിക്കൊണ്ട് പാപങ്ങളും വേദനകളും എല്ലാം അള്ളാഹു അതിനെ ഓരോന്നിനും അതിൻ്റെതായ മഹത്വങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അഥവാ തെറ്റുകുറ്റങ്ങൾക്കാൻ പറഞ്ഞു വ്യത്യസ്തങ്ങളായ പര്യായ പദങ്ങൾ വസ്ല്ലം പറയുകയാണ് ഒരു മനുഷ്യന് ബാധിക്കുന്ന വേദനയുടെയും അനിഷ്ടങ്ങളുടെയും വ്യത്യസ്തങ്ങളായ പദങ്ങൾ മനസ് ക്ലേശങ്ങളാകട്ടെ സങ്കടങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ ദുഃഖങ്ങളാകട്ടെ എന്തും ഒരു വിശ്വാസിയെ ബാധിക്കുന്നില്ല അതിൽ നിന്ന് ഒരു പാപത്തിന് പരിഹാരമായിട്ടല്ലാതെ ഒരു പാപം കൊടുക്കുകയും ഒരു പദവി ഉയർത്തുകയും ചെയ്തിട്ടല്ലാതെ വിശ്വാസിയെ ബാധിക്കുന്ന ഏതൊരു ആപത്തും ഏതൊരു പ്രയാസവും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുഗ്രഹമാണ് അയാളുടെ കാലിൽ തരക്കുന്നവരുള്ള പോലും അയാളെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസികളാണെങ്കിൽ അതയാൾക്കൊരിക്കലും ദോഷകരമല്ല അതിലൂടെ അള്ളാഹു പാപങ്ങൾ പൊറുക്കുമെന്നാണ് അല്ലാഹുലം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർ പറഞ്ഞു തന്ന ഈ മര്യാദകളും ശത്രുടെ ശത്രുതയുടെ ജാഹുലിംഗത്തിൽ നിന്നും ഇസ്ലാമിന്റെ സാഹോദര്യത്തിലേക്ക് അവർക്ക് ഉയരുവാൻ സാധിച്ചത് നിങ്ങളെല്ലാവരും െ പിടിക്കേണ്ടതുണ്ട് അഥവാ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിങ്ങളെല്ലാം അവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് അള്ളാഹു ചെയ്യുന്നു അനുഗ്രഹത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക ഇത് നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു ശത്രുക്കൾപിക്കും എന്നിട്ട് ഇസ്ലാമിന്റെയും ആദർശം നിങ്ങൾ സ്വീകരിച്ച വഴി അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹുണ്ടാക്കി അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹപ്രകാരം നിങ്ങൾ ഏകോദന സഹോദരങ്ങളായി മാറി ോളം യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ള അനുഗ്രഹപ്രകാരം നിങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളായി മാറും എന്നിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തി പ്രാപിക്കുന്നതിനു വേണ്ടി അള്ളാഹു പഠിപ്പിച്ചാഹുനും വിശദീകരിച്ചു തന്ന മര്യാദകളും കടമകളും പഠിച്ചു മനസ്സിലാക്കി നമ്മൾ ജീവിതം ഇസ്ലാമികമാക്കുവാൻ ശ്രദ്ധിക്കുക രോഗിയായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും സന്ദർശിക്കുക സർവ സന്ദർ ശ്രമിക്കുക സർവശക്തനായ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗിയായി കിടക്കുന്ന ആളുകൾക്ക് ആശ്വാസവും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് കടം കൊണ്ടും രോഗം കൊണ്ടും പ്രയാസപ്പെടുന്ന എല്ലാവർക്കും ആശ്വാസവും കാരുണ്യവും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والاقضه للمفتقين ولا عدوان الا على الظالمين صلى الله على نبينا محمد وعلى اله واصحابه وسلمتم بال كثير كثيرا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله توكلت على الله ولا حول ولا قوه الا بالله അള്ളാഹുവിന്റെ ആത്മ നിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി അത് പാലിക്കണമെന്ന് കൂടി ഉണർത്തറിയാംശനായ അള്ളാഹു അവന്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പാലിക്കുന്ന വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ് രോഗികളെ സന്ദർശിക്കുമ്പോൾ പലതരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധ സമ്പ്രദായങ്ങളും നമ്മൾ അവിടെ കാണാൻ സാധ്യത ആ സന്ദർഭങ്ങളിൽ രോഗിക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടക്കേടാകുമോ എന്ന് വിചാരിച്ച് അത് തിരുത്താതെ അതുമല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ സഹകരിച്ചു കൊണ്ട് പോരുന്ന രീതി ഒരിക്കലും ഉണ്ടായി കൂടാം നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചതുപോലെ അമറൂപ്പിൽ മാറൂ മുൻസർ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഏത് സന്ദർഭത്തിലും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് രോഗി സന്ദർശന വേളയിൽ അത് കൂടുതൽ ശക്തമായി നമുക്ക് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കാറുള്ളൂ ചില സന്ദർഭങ്ങളിൽ രോഗിയായി കിടക്കുന്ന ആളുകളുടെ അച്ഛനിമിത്തം ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധമില്ലാത്തതുകൊണ്ട് നമസ്കരിക്കാൻ എങ്ങനെ സാധിക്കും എന്നറിയാതെ നമസ്കാരം ആഴ്ചകളോളം ഒഴിവാക്കി കിടക്കുന്ന ദിവസങ്ങളായി നമസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാകും അയാളെ വിചാരിക്കും രോഗിയായി കിടക്കുന്ന എനിക്ക് നമസ്കരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമസ്കാരം എന്റെ മേലൊരു ബാധ്യതയില്ല എന്നായിരിക്കും ധരിച്ചിട്ടുണ്ടാകുക ഒളിവടക്കം കഴിയാതെ ഞാൻ എങ്ങനെ നമസ്കരിക്കുമെന്നായിരിക്കും അയാൾക്കുണ്ടാകുന്ന സംശയം ആ സന്ദർഭത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം രോഗിയായാലും യുദ്ധരംഗത്ത് പോലും നമസ്കാരത്തിന് ഒഴിവില്ല അതുകൊണ്ട് കഴിയുന്ന രൂപത്തിൽ രോഗിക്കും നമസ്കാരമുണ്ട് എന്ന പാഠം നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം ഒഴിവെടുക്കുവാൻ സാധ്യമല്ലെങ്കിൽ തയമം ചെയ്യണം ശുദ്ധമായ പ്രതലത്തിൽ രണ്ട് കൈ കൊണ്ട് അടിച്ച് ആ കൈ മുഖവും മുൻകൈയും തടവുക എന്ന് പറഞ്ഞാൽ അതിനാണ് തയമും എന്ന് പറയാൻ അത് പ്രത്യേകിച്ചൊരു പടരക്ലാസും ഒന്നും ആവശ്യമില്ല വളരെ ലളിതമായി ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്ന ആ തയമും വെച്ചുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം അപ്പോ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്ത ആളാണെങ്കിലോ ഇരുന്ന് നമസ്കരിക്കണം ഇരിക്കാനും പറ്റില്ല എങ്കിലും പിടന്നുകൊണ്ട് നമസ്കരിക്കണം എങ്ങനെ നമസ്കാരത്തിന് സുബോധമുള്ള ഒരു വ്യക്തിക്കും ഒഴിവില്ല എന്ന കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ആ ഒരു സന്ദർശനത്തിലൂടെ അയാൾക്ക് ആ നന്മകൾ വീണ്ടെടുക്കുവാനും അതിന് തത്തുല്യമായ പ്രതിഫലം നമുക്ക് സ്വായത്തമാക്കുവാനും സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം ആ രൂപത്തിലുള്ള ക്ലാസുകളും സീഡുകളും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടാകും അത് എത്തിച്ചു കൊടുക്കുവാനും ആ കാര്യങ്ങളെ സംബന്ധിച്ചൊരു ബോധമുണ്ടാക്കുവാനും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗി സന്ദർശനം രണ്ടു കൂട്ടർക്കും ദുനിയാവിനും ആക്രമത്തിനും ഉപകാരപ്രദമാകുന്ന സൽക്രമമാക്കി മാറ്റുവാൻ സാധിക്കും അതേപോലെ തന്നെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ ഇസ്ലാമികമായ അധ്യാപനങ്ങളിലുണ്ട് അള്ളാഹുവിന്റെ ഗൗരവത്തോടുകൂടി പറഞ്ഞ് സാമ്പത്തികമായി ശേഷിയുള്ള ആളുകളാണെങ്കിൽ അത് അവരുടെ മരണശേഷം മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഓഹരി വെച്ചെടുക്കുന്നതിന് മുമ്പ് അതിന്റെ കൃത്യമായ വസീയത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് ബന്ധുക്കൾക്കും അതേപോലെ തന്നെ അയാളുടെ ആശ്രിതർക്കും ഇടയിൽ താമ്പത്തികമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് പറഞ്ഞു പരിഹരിക്കുവാനും ബന്ധങ്ങൾ നന്നാക്കുവാനും പിണക്കം തീർക്കുവാനുമൊക്കെ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ നമ്മൾ പലപ്പോഴും കണ്ടേക്കാൻ ഇടയുള്ള സംഗതിയാണ് ഇസ്ലാമികമായ അധ്യാപനങ്ങളുടെ കൃത്യമായ അറിവില്ലാത്തത് തന്നെ യോഗശമനത്തിന് വേണ്ടി പലതരത്തിലുള്ള ഉറുക്കുകളും ഏലത്തുകളും ചരടകളും കിട്ടിയിട്ടുണ്ടാകും അത് അയാളുടെ വിശ്വാസം ഞാൻ എന്തിനെ ഇടപെടണം എന്നല്ല ഒരു വിശ്വാസം ശ്രദ്ധിക്കേണ്ടത് മറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും ഒരേ ഒരു വിശ്വാസം നമുക്ക് പറയാനുള്ളത് ഏകനായ മാത്രം നമുക്കുള്ള മാതൃകയെല്ലാം പരിശിപ്പിച്ചത് നമ്മുടെ എല്ലാവരുടെയും ആദർശം പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിൽ നമുക്ക് പറ്റാത്തതാണെങ്കിൽ അയാൾക്കും പറ്റില്ല അയാൾക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്കും പറ്റും അതുകൊണ്ട് അയാളുടെ വിശ്വാസം നമ്മെന്തിനെ എതിർക്കണം എന്ന് ചിന്താഗതിക്കപ്പുറം ഇസ്ലാമികമായി തെറ്റാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏത് കാര്യവും ആരുടെ മുമ്പിലും തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുവാനും തിരുത്തുവാനും സാധിക്കണം പറഞ്ഞത് കാലഘട്ടത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ പല മന്ത്രങ്ങളും അതേപോലെ തന്നെ ചരടുകളും ബന്ധിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അതെല്ലാം ഷിർക്കിന്റെ വകവേദകരാണ് എന്നാണ് വറീം വസ്ലം പഠിപ്പിച്ചത് മറിച്ച് ഇസ്ലാമികമായ മന്ത്രം റൊക്കയാ ഇസ്ലാം അനുവദിച്ച മന്ത്രമുണ്ട് അഥവാ ഓരോരുത്തർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഖുർആാനിന്റെ ആയത്തുകൾ ഓതി ശരീരത്തിൽ തടവുകയും ഊതുകയും ചെയ്യുന്ന മന്ത്രം അത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ ആരും എതിർക്കുകയും വേണ്ട ഏതെങ്കിലും ചരടിലോ ഏ ഏതെങ്കിലും ഏലത്തിലോ ഐക്കലിലോ ഊതി അത് കെട്ടുന്നത് ഇസ്ലാം അനുവദിച്ച രീതിയല്ല അത് തെറ്റാണ് എന്ന് മാത്രമല്ല പ്രഹാദികളിൽ ചിലർ വളരെ ഗൗരവത്തോടുകൂടി അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് യോഗിയെ സന്ദർശിക്കുമ്പോൾ അവർക്ക് ശരീരത്തിൽ തടവിയപ്പോൾ തോർക്കെങ്കിൽ ഇതേപോലെയുള്ള ചരട് കാണുവാൻ സാധിച്ച സന്ദർഭങ്ങൾ സഹായങ്ങളിൽ ചേർക്കുണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം അത് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്ന ചില ഇതുമായി തന്നാലുമാണ് നീ മരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ നിനക്ക് മയത്ത് നമസ്കരിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ് ഗൗരവത്തോടുകൂടി തന്നെ വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് സൗഹിലിന്റെയും ചെറുക്കിന്റെയും വിഷയം വരുമ്പോൾ വിശ്വാസപരമായ മേഖലയിൽ വരുന്ന പുഴുക്കുത്തുകൾ കാണുമ്പോൾ അതേ ഗൗരവത്തിൽ ഉണർത്തുവാനും ചിരിച്ചു സാധിക്കണം അവരെ കാസരാക്കുവാനോ മുഷരിക്കുവാനോ വേണ്ടിയല്ല മറിച്ച് സഹോദരാധീനിയായ അധ്യാപനങ്ങൾ ഇങ്ങനെയാണ് ഈ സന്ദർഭത്തിൽ ഇന്ന് ഇന്ന പ്രാർത്ഥനകളാണ് ചെല്ലേണ്ടത് നീ ഓടിക്കോ കുർഹാൻ സ്വന്തമായി ശരീരത്തിൽ ഊതിക്കോ തെളവിക്കോ അതെല്ലാം ചെയ്യാം പക്ഷെ ഇങ്ങനെയുള്ള ഏർപ്പാട് ഏലസ് അല്ലെങ്കിൽ ഐക്യല്യ പോലെയുള്ള ഏതെങ്കിലും സംഗതികളിൽ ഊതി അത് ശരീരത്തിൽ കെട്ടുക എന്നത് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളും വിക്രമങ്ങളും കുർഹാൻ തന്നെ ഓടിച്ചാണ് എങ്കിലും ഏലറ്റും അതേപോലെ തന്നെ ഐക്യം കെട്ടൽ ചരത മന്ത്രിച്ച് കെട്ടൽ ഇസ്ലാമിക വിരുദ്ധമാണു ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുമ്പോൾ രോഗി എന്നെ സംബന്ധിച്ച് എന്ത് വിചാരിക്കും അയാൾക്ക് എന്നോടുള്ള ഇഷ്ടം പോയി പോകുമോ അയാൾ ഏത് നിരത്തിലായിരിക്കും എന്നോട് പ്രതികരിക്കുക എന്നൊന്നും നോക്കാതെ അയാളുടെയും നമ്മുടെയും പരലോക മോചത്തിനു വേണ്ടി ദുരിലെ രോഗം ഒരു പക്ഷെ കൂടുതൽ ദിവസം കിടന്നിട്ടാണെങ്കിലും രോഗം മാറിയേക്കാം പക്ഷെ ആഹ് നഷ്ടപ്പെട്ടാലോ രോഗം ഇവിടെ പോയി കഴിഞ്ഞാൽ പരലോകത്തുള്ളൂ രോഗം തിരിച്ചു നൽകും ആ തിരിച്ചു നൽകും നേരെ മറിച്ച് ആ ഇവിടെ നഷ്ടപ്പെട്ട് അവസാനം നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് എങ്കിലോ അത് പോകാതിരിക്കാൻ ദീനിനെ സംബന്ധിച്ച് ബോധമുള്ള ആളുകൾ ലാഹത്തിന്റെ ആ കാര്യം സന്ദർഭ സാന്ത്ഭികമായി ഉണർത്തുകയാണത് മറന്നു പോകരുത് സ്നേഹബുദ്ധ്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ആശയങ്ങൾ കൈമാറുവാനും നമുക്ക് സാധിക്കണം സർവശക്തനായ അള്ളാഹു അവന്റെ പ്രവാചകൻ പോലെ ആശയാദർശങ്ങൾ മനസ്സിലാക്കി യോഗാവസ്ഥയിലും ആരോഗ്യ സന്ദർഭത്തിലും ഓർത്ത് നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പൂജിപ്പിച്ചതുപോലെ ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ കരുനാഗപ്പള്ളിയിൽ നടന്നത് ദേഹത്തിന്റെ മേഖലയിൽ ശക്തമായ സ്വാധീനമായിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കി ആ സംഘാടകർച്ചയുടെ സാമ്പത്തിക ബാധ്യത വന്നു ചേർന്നിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴായിരം രൂപ ഒരു ലക്ഷം രൂപയോളം അവർക്ക് ദാഹത്തിന്റെ മേഖലയിൽ ഒരു ബാധ്യതയായി വന്നതിന് നമ്മൾ കളക്ഷൻ കൊടുക്കുവാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇന്ന് അതിനുള്ള കളക്ഷൻ ആയിരിക്കും എല്ലാവരും അള്ളാഹുവിന്റെ ലീൻ പ്രചരിപ്പിക്കുന്ന ആ സംരംഭത്തിൽ പല ആളുകൾക്കും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഹിതായത്തിന്റെ വഴി തുറന്നുകൊടുത്ത ആ സംരംഭത്തിന് ഒരു കൈത്താന്നാകാൻ സാധിക്കുന്ന എല്ലാവരും അകമഴിഞ്ഞ് പടച്ചവന്റെ പ്രീതി ഉദ്ദേശിച്ച് ലിസ്മിചെല്ലി ആ സംരംഭത്തിലേക്ക് പണ്ട് കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി உணர்த்தவோன சர்வசக்தная అల్లాహ్ మనడే ఎల్లప్పుడు గదుద్దనలను ఉజేసిస్తరు మరాగతే ఎల్ల ప్రయాసములలోను ముత్యముత్తులలోను అల్లాహ్ మనకు ఆశ్వాసం కలిగని అనుగ్రహించు మరాగతే యోగమొండ్ ప్రయాసపడిన ఎల్ల సహోదరి సహోదరుల్మార్కు ఆశ్వాసం కలిగి శిఫం కలిగి అల్లాహ్ అనుగ్రహించు మరాగతే అల్లాహుమ్మ ముసల్లిల్ ముమ్మినిన వల్ ముమ్మినాతి వల్ ముస్లిమీన వల్ ముస్లిమాతిల్ అహ్యాఇ మిన్హుమ్ వల్ అమ్వాతి ఇన్నక ముజీబుద్ద దఅవాతి యా కాబియల్ హాదెవాతి اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ادنا من النار اللهم ادنا من النار اللهم ادنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه واجنا عذاب النار صلى الله على نبينا محمد وعلى اله واصحابه وسلم تسليما كثيرا for all that. Right.